ഓ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുസുബഹാനഹുവത്ത ആല നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് നിങ്ങളെന്തിനാണ് നിഷിദ്ധമാക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരുടെ തൃപ്തി നിങ്ങൾ തേടുകയാണോ അള്ളാഹു സുബെഹാനഹുബത്തഅല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്